അത് അടുത്തുള്ള ഒരു ലാഭവും ചെറിയൊരു യാത്രയുമായിരുന്നെങ്കിൽ അവർ നിങ്ങളെ പിന്തുടരുമായിരുന്നു എന്നാൽ ദൂരം അവർക്ക് വളരെ കൂടുതലായി തോന്നി ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറപ്പെടുമായിരുന്നു എന്ന് അവർ അള്ളാഹുസുബഹാനഹുവറ്റായാലയുടെ നാമത്തിൽ സത്യം ചെയ്യും അവർ സ്വന്തം നാശത്തെയാണ് വരുത്തിക്കൊള്ളുന്നത് അവർ കള്ളം പറയുകയാണെന്ന് അള്ളാഹുസുബഹാനഹുവറ്റായാലറിയുന്നു